ം ഇരുപത്തി ഒൻപത് രാജാവും രാജമാതാവും ഷണ്ണന്മാരും യഹൂദയിലും യെരുശുലേമിലുമുള്ള പ്രഭുക്കന്മാരും ശില്പികളും കൊല്ലന്മാരും യെരുശലേം വിട്ട് പോയ ശേഷം ഇരമ്യാപ്രവാചകൻ ബദ്ധന്മാരുടെ മൂപ്പന്മാരിൽ ശേഷിപ്പുള്ളവർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും നെബൂഗദനേസർ യെരുഷലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയിരുന്ന സകല ജനത്തിനും യഹൂദ രാജാവായ സിദക്കിയാവും ബാബേൽ രാജാവായ നബൂഗദനേസറിന്റെ അടുക്കൽ ബാബേലിലേക്ക് അയച്ച ഷാഫാന്റെ മകനായ എലാസയുടെയും ഹിൽകിയാവിന്റെ മകനായ ഗമരിയാവിന്റെയും കൈവശം യെരുഷലേമിൽ നിന്ന് കൊടുത്തയച്ച ലേഖനത്തിലെ വിവരം എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ താൻ യെരുഷലേമിൽ നിന്ന് ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമാറാക്കിയ സകല ബദ്ധന്മാരോടും ഇപ്രകാരം അരുളി ചെയ്യുന്നു നിങ്ങൾ വീടുകളെ പണിത് പർപ്പീൻ തോട്ടങ്ങളെ ഫലം അനുഭവിപ്പീൻ ഭാര്യമാരെ പരിഗ്രഹിച്ച് പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിപ്പീൻ നിങ്ങളവിടെ കുറഞ്ഞു പോകാതെ പെരുകേണ്ടതിന് പുത്രന്മാർക്ക് ഭാര്യമാരെ എടുക്കുകയും പുത്രിമാരെ പുരുഷന്മാർക്ക് കൊടുക്കുകയും ചെയ്യേ അവരും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കട്ടെ ഞാൻ നിങ്ങളെ ബദ്ധന്മാരായി കൊണ്ടുപോകുമാറാക്കിയ പട്ടണത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടിയ ഹോവിയോട് പ്രാർത്ഥിപ്പിയുൻ അതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങളുടെ ഇടയിലുള്ള നിങ്ങളുടെ പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ ചതിക്കരുത് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളെ കൂട്ടാക്കുകയും അരുത് അവർ എന്റെ നാമത്തിൽ നിങ്ങളോട് ഫോഷ് പ്രവചിക്കുന്നു ഞാൻ അവരെ അയച്ചിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ബാബേലിലെ എഴുപത് സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തേക്ക് മടക്കി വരുത്തുമെന്ന് നിങ്ങളോടുള്ള എന്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങളെന്നോട് അപേക്ഷിച്ചു എന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങളെന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെന്നെ കണ്ടെത്തും നിങ്ങളെന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ ഞങ്ങൾക്ക് ബാബേലിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ദാവീദന്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെക്കുറിച്ചും ഈ നഗരത്തിൽ പാർക്കുന്ന സകല ജനത്തെയും കുറിച്ചും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് വരാത്ത നിങ്ങളുടെ സഹോദരന്മാരെക്കുറിച്ചും യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു അതെ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഇതാ ഞാൻ അവർക്ക് വാളും ക്ഷാമവും മഹാമാരിയും അയച്ചു എത്രയും ആകാത്തതും തിന്തു കൂടാതെ വണ്ണം ചീത്തയുമായ അവരെ സമമാക്കും ഞാനവരെ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി ഭൂതലത്തിലെ സകല രാജ്യങ്ങൾക്കും ഭയഹേതു ഞാൻ അവരെ നീക്കിക്കളഞ്ഞ സകല ജാതികളുടെയും ഇടയിൽ ഒരു ശാപവാക്യവും സ്തംഭനഹേതു പരിഹാസവിഷയവും നിന്നയും ആക്കും പ്രവാചകന്മാരായ എന്റെ ദാസന്മാർ മുഖാന്തരം ഞാൻ പറഞ്ഞയച്ച വചനങ്ങളെ അവർ കേൾക്കായികൊണ്ട് തന്നെയെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ ഇടവിടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഞാൻ എരിച്ചിലമ്മിൽ നിന്ന് ബാബേലിലേക്ക് അയച്ചിരിക്കുന്ന സകല പ്രവാസികളുമായുള്ളവരെ നിങ്ങൾ യഹോവയുടെ വചനം കേൾപ്പി എന്റെ നാമത്തിൽ നിങ്ങളോട് ഭോഷ്കർ പ്രവചിക്കുന്ന കോലായാവിന്റെ മകനായ ആഹാബിനെക്കുറിച്ചും മയസയാവിന്റെ മകനായ സിദക്കിയാവെക്കുറിച്ചും ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ അവരെ ബാബേൽ രാജാവായ നബൂഗദനേസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും നിങ്ങൾ കാണെ അവനവരെ കൊന്നുകളയും ബാബേൽ രാജാവ് ടീയിലിട്ട് ചുട്ടുകളഞ്ഞ സിദക്കിയാവെ പോലെയും ആഹാബിനെ പോലെയും യഹോവ നിന്നെ ആക്കട്ടെയെന്ന് ബാബേലിലുള്ള യഹൂദ പ്രവാസികളെല്ലാം ഒരു ശാപവാക്യം അവരെ ചൊല്ലി പറയും അവർ ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ചു തങ്ങളുടെ കൂട്ടുകാരുടെ ഭാര്യമാരോട് വ്യഭിചാരം ചെയ്യുകയും ഞാൻ അവരോട് കൽപ്പിച്ചിട്ടില്ലാത്ത വചനം വ്യാജമായി എന്റെ നാമത്തിൽ പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു ഞാനത് അറിയുന്നു സാക്ഷിയും എന്ന് യഹോവയുടെ അരുളപ്പാട് നെഹേലാമ്യനായ ശെമയ്യാവോട് നീ പറയേണ്ടത് ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നീ എരിശിലെമിനെ സകല ജനത്തിനും മയസേയാവിന്റെ മകനായ സഫന്യ പുരോഹിതനും സകല പുരോഹിതന്മാർക്കും നിന്റെ പേരുവെച്ച് അയച്ച എഴുത്തുകളിൽ നിങ്ങൾ യഹോവയുടെ ആലയത്തിൽ ഭ്രാന്ത് പിടിച്ച് പ്രവചിക്കുന്ന ഏതു മനുഷ്യനെയും പിടിച്ച് ആമത്തിലും വിലങ്കിലും ഇടേണ്ടതിന് യഹോവ നിന്നെ യഹോയാദ പുരോഹിതന് പകരം പുരോഹിതനാക്കിയിരിക്കുന്നു ആകയാൽ നിങ്ങളോട് പ്രവചിക്കുന്ന അനാഭൂത്തുകാരനായ ഇരമ്യാവെ നീ ശാസിക്കാതെ ഇരിക്കുന്നതെന്ത് അതുകൊണ്ടല്ലോ അവൻ ബാബേലിൽ ഞങ്ങൾക്ക് ആളയച്ചു ഈ പ്രവാസം ദീർഘമായിരിക്കും നിങ്ങൾ വീടുകളെ പണിത് പാർപ്പീൻ തോട്ടങ്ങളെ ഉണ്ടാക്കി ഫലമനുഭവിപ്പീൻ എന്നു പറയിച്ചത് എന്ന് ഈ എഴുത്ത് സെഫന്യ പുരോഹിതൻ ഇരമ്യ പ്രവാചകൻ കേൾക്ക് വായിച്ചിരുന്നു അപ്പോൾ യഹോവയുടെ അരിലപ്പാട് ഇരമ്യാവിനുണ്ടായതെന്തെന്നാൽ നീ സകല പ്രവാസികൾക്കും ആളയച്ച് നെഹലാമ്യനായ ശമയ്യാവെക്കുറിച്ച് പറയിക്കേണ്ടത് യഹോ വൈപ്രകാരം അരുളി ചെയ്യുന്നു ശമയ്യാവെ ഞാൻ അയക്കാതെ ഇരുന്നിട്ടും അവൻ നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളെ ഭോഷ്കിൽ ആശ്രയിക്കുമാറാക്കിയതുകൊണ്ട് യഹോ വൈപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നെഹലാമ്യനായ ശമയ്യാവേയും സന്തതിയെയും സന്ദർശിക്കും ഈ ജനത്തിന്റെ മധ്യയെ പാർപ്പാൻ അവന് ആരും ഉണ്ടാകയില്ല എന്റെ ജനത്തിന് ഞാൻ വരുത്തുവാനിരിക്കുന്ന നന്മ അവൻ അനുഭവിക്കുകയുമില്ല അവൻ യഹോബയ്ക്കു വിരോധമായി ദ്രോഹം സംസാരിച്ചുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്